മക്കയിൽ അവതരിച്ചത് രണ്ട് മൂന്ന് നാല് വചനങ്ങളിൽ റോമക്കാർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ കുറിച്ച് പരാമർശിക്കുകയും സമീപഭാവിയിൽ അവർ വിജയിക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് റോം എന്ന് പേർ നൽകപ്പെട്ടത്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 താനുദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു അവനത്രേ പ്രതാപിയും കരുണാനിധിയും അള്ളാഹുവിന്റെ വാഗ്ദാനമത്രേ ഇത് അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല പക്ഷേ മനുഷ്യരിൽ അധിക മനസ്സിലാക്കുന്നില്ല ഐഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുന്നു പരലോകത്തെപ്പറ്റിയാകട്ടെ അവർ അശ്രദ്ധയിൽ തന്നെയാകുന്നു أَوَ لَمْ يَتَفَكَّرُوا فِي أَنفُسِهِمْ مَا خَلَقَ اللَّهُ السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا إِلَّا بِالْحَقِّ وَأَجَلِمْ مُسَمَّا وَإِنَّ كَثِيرًا مِّنَ النَّاسِ بِلِقَاءِ رَبِّهِمْ لَكَافِرُونَ أَوَرُ اُدَي سَنْدَتِّي پَتِّي أَوَرْ چِنْدِچُ نُوْ كِيَتِّلْ لَي آغَ ശരിയായ മുറപ്രകാരവും നിർണിതമായ അവധിയോടുകൂടിയുമല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ലാത്തവരത്ര അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു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 وَيَوْمَ تَقُومُ السَّاعَةُ يَوْمَئِذٍ يَتَفَرَّقُونَ عند समय നിലവിൽ വരുന്ന ദിവസം അന്നാണ് അവർ വേർപിരിയുന്നത് തഅമ്മ അൽദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഫഹും ഫീ റൗദതിൻ യുഹ്ബറൂൻ എന്നാൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ അവർ ഒരു പൂന്തോട്ടത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനേയും നിഷേധിച്ചു കളയുകയും ചെയ്തവരാരോ അവർ ശിക്ഷയ്ക്കായി ഹാജരാക്കപ്പെടുന്നവരാകുന്നു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 നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ും ആകാശഭൂമികളുടെ സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രെ തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രെ തീർച്ചയായും അതിൽ കേട്ടു മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഒമിൻ ആയാ ചിഹിയൂരി കുമുൽ സയുഷീ ബിൽ ഔ സയുഷീ ബിൽ ഔമ ഇന്നീത ലിഖല ആയാ ചിൽ ഭയവുമ ശയും ഉളവാക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതപ്ര തീർച്ചയായും അതിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ുംഹുവ അവന്റെ കൽപ്പനപ്രകാരം ആകാശവും ഭൂമിയും നിലനിന്നു വരുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രെ പിന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരു വിളിവിളിച്ചാൽ നിങ്ങളതാ പുറത്തുവരുന്നു وَلَهُ مَن فِي السَّمَاوَاتِ وَالْأَرْضِ كُلٌّ لَّهُ خَانِتُونَ آغاشங்களினம் ഭൂമിയിലുള്ളവരெல்லாம் അവന്റെ അടിനാതിலത്രെ എല്ലാവരും അവനെ കീഴ് அடങ്ങുന്നവരാകുന്നു وَهُوَ الَّذِي يَبْدَأُ الْخَلْقَ ثُمَّ يُعِيدُهُ وَهُوَ أَهْوَنُ عَلَيْهِ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 ضرب لكم مثلا من انفسكم هل لكم مما ملكت ايمانكم من شركاء فيما رزقناكم فانتم فيه سواء تخافونهم كخيفتكم انفسكم كذلك نفصل الايات لقوم يعقلون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 ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോം ആ പ്രകൃതി അത്രേ അത് അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല അതത്രെ വക്രതയില്ലാത്ത മതം പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ അവങ്കിലേക്ക് തിരിഞ്ഞവരായിരിക്കുകയും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 ക്ഷിയും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷമടയുന്നവരത്രേം ജനങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ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 أولم يروا أن الله يبسط الرزق لمن يشاء و يقدر إن في ذلك لآيات لقوم يؤمنون تان اُدَّيشِكُنَّ وَرَكُ اللَّهُ اُبَجِيَوَنَمْ بِشَالَمْ آكُوْغَيُو تان اُدَّيشِكُنَّ وَرَكُ يَدُمْ يَدْ آكُوَيَمْ چَيُنُّو يَنْنُ أَوَرْ كَنْدِلْ لِهِ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയുൽ ആകയാൽ കുടുംബ ബന്ധമുള്ളവനും നീ അവന്റെ അവകാശം കൊടുക്കുക അഗതിക്കും വഴിപോക്കനോ അവരുടെ അവകാശവും നൽകുക അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം അവർ തന്നെയാണ് വിജയികളും ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവെങ്കിൽ അത് വളരുകയില്ല അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും ജക്കാത്തായി നൽകുന്ന അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ الله الذي خلقكم ثم رزقكم ثم يميتكم ثم يحيكم هل من شركائكم من يفعل من ذلكم من شيء سبحانه وتعالى عما يشركون الله وانو ننجل سرشتی چده انتاوان ننجل اوبجي ونام نلغی پننے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 വല്ലവനും നന്ദികേട് കാണിച്ചാൽ അവൻറെ നന്ദികേടിന്റെ ദോഷം അവനു തന്നെയായിരിക്കും വല്ലവനും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം തങ്ങൾക്കു വേണ്ടി തന്നെ സൗകര്യമൊരുക്കുകയാണ് അവർ ചെയ്യുന്നത് لِيَحْيَ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ مِنْ فَضْلِهِ إِنَّهُ لَا يُحِبُّ الْكَافِرِينَ విశ్వസිකയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് തന്റെ അനുഗ്രഹം താൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതിRetrieവേണ്ടിയത്രെ അത് സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല തീർച്ച മഴയെപ്പറ്റി സന്തോഷ സൂചകമായി കൊണ്ടു തന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയും തന്റെ കൽപ്പനപ്രകാരം കപ്പൽ സഞ്ചരിക്കുവാൻ വേണ്ടിയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രീ നല്ല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 الله الذي يرسل الرياح فتثير سحابا فيبثقه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فاذا اصاب به من يشاء من عباده اذاهم يستبشرون الله هو قاتل ايكمنن انت കാറ്റുകൾ മേഘത്തെ ഇളക്കിവിടുന്നു എന്നിട്ട് അവനുദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു അതിനെ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തുവരുന്നതായി നിനക്ക് കാണാം എന്നിട്ട് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മഴ എത്തിച്ചു കൊടുത്താൽ അവരതാ സന്തുഷ്ടരാകുന്നു ഇതിനു മുമ്പ് അഥവാ ആ മഴ അവരുടെ മേൽ വർഷിപ്പിക്കപ്പെടുന്നതിനു തീർച്ചയായും അവർ ആശയറ്റവർ തന്നെയായിരുന്നു സൗന്ദുഇല كيف يحيي الأرض بعد موتها إن ذالك لمحيل موتا وهو على كل شيء قدير أبوال الله وفينده كارون يتكينده فلنگل نوكو بھومي نرجیو مآئرونددن شئشم أينغنا يعانون أون أدن جیوان نلغوندد تيرچ يأيون أدن جيوان نبن مريچ وره جيوى پکو غدن نجيو أون أدن جيوان نبن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 نك لا تسمع الموتى ولا تسمع الصم الدعاء اذا ولوا مدبرين انال مرچவரे నినకు కేల్పికన అవిల్లా తీర్చ బదిరన్మార్ పిన్నోకం తిని పోయాల్ అవరే వెలి కేల్పికానమ్ నినక అవిల్లా వమా అన్త బిహాదిల్ ఉమ్యన్ అన్ ధలానతహిమ్ അന്ധത ബാധിച്ചവരെ അവരുടെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും എന്നിട്ട് കീഴ്പെട്ട് ജീവിക്കുന്നവരുമായിട്ടുള്ളവരെയല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشايدا يخلق ما يشاء وهو العليم القدير ننجل بلحين ماية عوستين من صرفتي چوندا کیا وناغنو اللہ بننے بلحين دکش اشم اوان شرط تيوندا کیا بننے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 മനുഷ്യർക്കു വേണ്ടി ഈ കുർആാനിൽ എല്ലാവിധ ഉപമയും നാം വിവരിച്ചിട്ടുണ്ട് നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്തു ചെന്നാൽ അവിശ്വാസികൾ പറയും നിങ്ങൾ അസത്യവാദികൾ മാത്രമാണെന്നും കാര്യം മനസ്സിലാക്കാത്തവരുടെ ഹൃദയങ്ങളിൽ അപ്രകാരം അല്ലാഹു മുദ്രവെക്കുന്നത് ആകയാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ